അതിനാൽ നിങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറയുക തീർച്ചയായും ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻറെ ദൂതന്മാരാണ് അതിനാൽ ഇസ്രായേൽ സന്തതികളെ ഞങ്ങളോടൊപ്പം വിടുക അവരെ നീ പീഡിപ്പിക്കരുത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തവുമായി ഞങ്ങൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു സന്മാർഗത്തെ പിന്തുടർന്നവർക്ക് സമാധാനമുണ്ടാകട്ടെ